മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്തവരും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയവരും നിങ്ങളെ പുറത്താക്കുന്നതിൽ മറ്റുള്ളവരെ സഹായിച്ചവരും എന്നിവരെ നിങ്ങൾ മിത്രമാക്കുന്നതിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബാനുഹുവ തയാല നിങ്ങളെ വിലക്കുന്നത് ആരെങ്കിലും അവരെ മിത്രമാക്കിയാൽ അവർ തന്നെയാണ് അക്രമികൾ